ധ്യായം പതിനൊന്ന് അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പിറുപിറുത്തു യഹോവ കേട്ടു അവന്റെ കോപം ജ്വലിച്ചു യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി പാളയത്തിന്റെ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു ജനം മോശയോട് നിലവിളിച്ചു മോശ യഹോവയോട് പ്രാർത്ഥിച്ചു അപ്പോൾ തീ കെട്ടുപോയി യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തുകയായാൽ ആ സ്ഥലത്തിന് തബേര എന്നു പേരായിരായി പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ ഞങ്ങൾ മിശ്രമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം വെള്ളരിക്ക മത്തങ്ങ ഉള്ളിള്ളി ചുവന്നുള്ളിള്ളി ചുറ്റുള്ളി ഉള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണണ്ണൻ പൊരിഞ്ഞിരിക്കുന്നു ഈ മഞ്ഞ അല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു മഞ്ഞയോയോ കൊത്തമ്പാലരി പോലെയുമേയും അതിന്റെ നിറമിറം ഗുൽഗുലുവിന്റേതു ആയിരുന്നു ജനം നടന്നു പെറുക്കി തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരല്ലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പമുണ്ടാക്കും അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശപോലെ ആയിരുന്നു രാത്രി പാളയത്തിൽ മഞ്ഞുപൊഴിയുമ്പോൾ മഞ്ഞയും പൊഴിയും ജനം കുടുംബം കുടുംബമായി ഓരോരുത്തൻ താൻ താന്റെ കൂടാരകവാതുക്കൽ വച്ച് കരയുന്നത് മോശ കേട്ടു യഹോവയുടെ കോപം ഏറ്റവും ജ്വലിച്ചു മോശയ്ക്കും അനിഷ്ടമായി അപ്പോൾ മോശ യഹോവിയോട് പറഞ്ഞത് നീ അടിയനെ വലച്ചത് എന്ത് നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവജനത്തിന്റെയും ഭാരം എന്റെ മേൽ വെച്ചതെന്ത് മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്നതുപോലെ ഞാൻ അവരെ നീ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് എന്റെ മാറത്തെടുത്തുകൊണ്ട് പോകേണമെന്ന് എന്നോട് കൽപ്പിപ്പാൻ ഈ ജനത്തെയൊക്കെയും ഞാൻ ഗർഭം ധരിച്ചുവോ ഞാൻ അവരെ പ്രസവിച്ചുവോ ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചു കിട്ടും അവർ ഇതാ ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചു എന്നോട് പറഞ്ഞ് കരയുന്നു ഏകനായി ഈ സർവജനത്തെയും വഹിപ്പാൻ എന്നെ കഴിയുന്നതല്ല അത് എനിക്ക് അതിഭാരം ആകുന്നു ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ അരിഷ്ടത ഞാൻ കാണരുതേ അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത് ഇസ്രയേൽ മൂപ്പന്മാരിൽ വച്ച് ജനത്തിന് പ്രമാണികളും മേൽവിചാരകന്മാരും എന്ന് നീ അറിയുന്ന എഴുപത് പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികെ നിന്നോടുകൂടെ നിൽക്കേണ്ടതിന് എന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരിക അവിടെ ഞാൻ ഇറങ്ങിവന്ന് നിന്നോടരുളിച്ചു ഞാൻ നിന്റെ മേലുള്ള ആത്മാവിൽ കുറയെടുത്ത് അവരുടെ മേൽ പകരുക നീ ഏകനായി വഹിക്കാതിരിക്കേണ്ടതിന് അവർ നിന്നോടു കൂടെ ജനത്തിന്റെ ഭാരം വഹിക്കും എന്നാൽ ജനത്തോട് നീ പറയേണ്ടത് നാളത്തേക്ക് നിങ്ങളെത്തന്നെ ശുദ്ധീകരിപ്പിക്കും എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും മിശ്രയിമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു യഹോവ കേൾക്കെ കരഞ്ഞുവല്ലോ ആകയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരികയും നിങ്ങൾ തിന്നുകയും ചെയ്യും ഒരു ദിവസമല്ല രണ്ടു ദിവസമല്ല അഞ്ചു ദിവസമല്ല പത്തു ദിവസമല്ല ഇരുപത് ദിവസവുമല്ല ഒരു മാസം മുഴുവനും തന്നെ അത് നിങ്ങളുടെ മൂക്കിൽ കൂടി പുറപ്പെട്ട് നിങ്ങൾക്ക് ഓക്കാനം വരുവോളോളം നിങ്ങൾ തിന്നു നിങ്ങളുടെ ഇടയിലുള്ള യഹോവയെ നിങ്ങൾ നിരസിക്കുകയും ഞങ്ങൾ മിശ്രമിൽ നിന്ന് എന്തിനു പുറപ്പെട്ടു പോന്നു എന്ന് പറഞ്ഞ് അവന്റെ മുമ്പാകെ കരുകയും ചെയ്തിരിക്കുന്നുവല്ലോ അപ്പോൾ മോശ എന്നോടു കൂടെയുള്ള ജനം ആറു ലക്ഷം ഉണ്ട് ഒരു മാസം മുഴുവൻ തിന്മാൻ ഞാൻ അവർക്ക് ഇറച്ചുകൊടുക്കുമെന്ന് നീ അരുളി ചെയ്യുന്നു അവർക്ക് മതിയാകും വണ്ണം ആടുകളെയും മാടുകളെയും അവർക്കുവേണ്ടി അർക്കുമോ അവർക്ക് വണ്ണം സമുദ്രത്തിലെ മത്സ്യത്തെയൊക്കെയും വേണ്ടി പിടിച്ചു എന്ന് ചോദിച്ചു യഹോവ മോശയോട് യഹോവയുടെ കൈ കുറുതായി പോയോയോ എന്റെ വചനം നിവർത്തിയാകുമോ ഇല്ലയോയോ എന്ന് നീ ഇപ്പോൾ കാണും എന്ന് കൽപ്പിച്ചു അങ്ങനെ മോശ ചെന്ന് യഹോവയുടെ വചനങ്ങളെ ജനത്തോട് പറഞ്ഞുവഞ്ഞു ജനത്തിന്റെ മൂപ്പന്മാരിൽ എഴുപത് പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിന്റെ ചുറ്റിലും നിർത്തി എന്നാറെ യഹോവ ഒരു മേഘത്തിൽ ഇറങ്ങി അവനോട് അരുളിച്ചു അവന്മേലുള്ള ആത്മാവിൽ കുറെയെടുത്ത് മൂപ്പന്മാരായ ആ എഴുപത് പുരുഷന്മാർക്ക് കൊടുത്തു ആത്മാവ് അവരുടെ മേൽ ആവസിച്ചപ്പോൾ അവർ പ്രവചിച്ചു പിന്നെ അങ്ങനെ ചെയ്തില്ല താനും എന്നാൽ ആ പുരുഷന്മാരിൽ രണ്ടുപേർ പാളയത്തിൽ തന്നെ താമസിച്ചിരുന്നു ഒരുത്തന് എൽദാദ് എന്നും മറ്റവന് മേദാദ് എന്നും പേർ ആത്മാവ് അവരുടെമേലും അവസിച്ചു അവരും പേരെഴുതിയവരിൽ ഉള്ളവർ ആയിരുന്നു എങ്കിലും കൂടാരത്തിലേക്ക് ചെന്നിരുന്നില്ല അവർ പാളയത്തിൽ വെച്ച് പ്രവചിച്ചു അപ്പോൾ ഒരു ബാല്യക്കാരൻ മോശയുടെ അടുക്കൽ ഓടിച്ചെന്നു എൽദാദും മേദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നു എന്ന് അറിയിച്ചു എന്നാറെ നൂന്റെ മകനായ ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷകനായിരുന്ന യോശു എന്റെ യജമാനായ മോശ അവരെ വിരോധിക്കണമേ എന്നു പറഞ്ഞു മോശ അവനോട് എന്നെ വിചാരിച്ച് നീ അസൂയപ്പെടുന്നുവോ യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകെയും യഹോവ തന്റെ ആത്മാവിനെ അവരുടെ മേൽ ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്നു പറഞ്ഞു പിന്നെ മോശിയും ഇസ്രയേൽമുപ്പന്മാരുമാരും പാളയത്തിൽ വന്നു ചേർന്നു അനന്തരം യഹോവയാഴ്ച ഒരു കാറ്റ് ഉദി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന് പാളയത്തിന്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടുണ്ടും ഇങ്ങനെ പാളയത്തിന്റെ ചുറ്റിലുമിലത്തോട് ഏകദേശം രണ്ടുഴം അടുത്ത് പറന്നു നിൽക്കുമാറാക്കി ജനമെഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനുവിനും രാത്രി മുഴുവനുവിനും പിറ്റേന്നാൾ മുഴുവനുവിനും കാടയെ പിടിച്ചു കൂട്ടിയിട്ട് കുറച്ചു പിടിച്ചവനവൻ പത്തുപറ പിടിച്ചു കൂട്ടിയിട്ട് അവർ അവയെ പാളയത്തിന്റെ ചുറ്റിലുമിക്കി എന്നാൽ ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ അത് ചവച്ചിറക്കും മുമ്പേ തന്നെ യഹോവയുടെ കോപം ജനത്തിന്റെ നേരെ ജ്വലിച്ചൂച്ചു യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു ദുരാഗ്രഹികളുടെ കൂട്ടത്തെ അവിടെ കുഴിച്ചിട്ടതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോ ഹത്താവ എന്ന് പേരായി കിബ്രോത്ത് ഹത്താവ വിട്ട് ജനം ഹസേരോത്തിലേക്ക് പുറപ്പെട്ടുചെന്ന് ഹസേരോത്തിൽ പാർട്ടി